അഗ്നി ഭക്ഷിക്കുന്ന ഒരു ബലിമൃഗവുമായി ഒരു ദൂതൻ വരുന്നതുവരെ ഞങ്ങളൊരു ദൂതനെയും വിശ്വസിക്കരുതെന്ന് അള്ളാഹുസുബാനഹുയാല ഞങ്ങളോട് കരാർ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞവരാണവർ പറയുക എനിക്കും മുൻപും വ്യക്തമായ തെളിവുകളുമായും നിങ്ങൾ പറയുന്നതുമായ കാര്യങ്ങളുമായും ദൂതന്മാർ അലിഹിസ്ലാം നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുണ്ട് നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങളവരെ കൊലപ്പെടുത്തിയത്